യൂണിറ്റ് എയ്റ്റ് ലെസൺ തേർട്ടി വൺ ലിസൺ ആരെയും ആക്ഷേപിക്കരുത് നിങ്ങൾ എന്തിനത്ര ബഹളം ഉണ്ടാക്കുന്നു ഇത് മീൻ ചന്തയാണോ എന്താണോ ആർക്കും നാക്കുമൂക്കുമൊന്നുമില്ലേ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വായന്ന് തുറക്കണോ നിങ്ങൾ ഭൂമുകളൊന്നും അല്ലല്ലോ സർ സർ വിടോ കാര്യം പറ ഒന്നില്ല സാർ ഒന്നുമില്ലേ ഇപ്പോൾ ആരും ബഹളം ഉണ്ടാക്കുന്നില്ലേ ഞാൻ പൊട്ടനോ ചകിടനോ മറ്റോ ആണോ ഇതുവരെ ഇവിടെ വലിയ ബഹളമായിരുന്നല്ലോ എന്താ രാജാ കാര്യം പറയൂ സാർ ഈ മൂന്ത ഞങ്ങളെല്ലാം അടിക്കുന്നു അവൻ എല്ലാരെയും ചീത്ത പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നു എവിടെ അവൻ അത്ര വലിയ അടിക്കാരനെ ഞാനൊന്ന് കാണട്ടെ അതാ സാർ ആ മൂലയിൽ ഇരിക്കുന്നു പുറകിലത്തെ ബെഞ്ചിൽ എടാ മുകുന്ദ എനിക്ക് അല്ല നീ കരയുന്നോ കരയണ്ട കാര്യം പറ എല്ലാവർക്കും നിന്റെ നേരമാണെന്ന് കണ്ണ് സാർ സാർ ഇവരെല്ലാം എന്നെ മുയൽ ചെവിയ കോൺപല്ല എന്ന് വിളിക്കുന്നു ക്ലാസ്സിലും വഴിയിലും കളിസ്ഥലത്തും വെച്ച് ഇവർ ആക്ഷേപിക്കുന്നു എന്നെ ആരും കളിയിൽ ചേർക്കുന്നില്ല ശരി ശരി കുട്ടികളെ നിങ്ങളെല്ലാം വലിയ സുന്ദരന്മാരാണ് മുകന്ദനെ കളിയാക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്താ വാസു എന്തിനെ പല്ലിടിക്കുന്നു സത്യം പറ ആരാണിതിന്റെയൊക്കെ പിന്നിൽ എല്ലാരും ഉണ്ട് സാർ നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവൻ എന്തിനു നിങ്ങളെ അടിക്കണം എനിക്കിന ഒന്നും കേൾക്കണ്ട ഇന്നത്തേക്ക് ഞാൻ നിങ്ങൾക്കെല്ലാം മാപ്പ് തരുന്നു ആരെയും ശിക്ഷിക്കുന്നില്ല പക്ഷേ ഇനി മുതൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണം ആരും ആരെയും ആക്ഷേപിക്കരുത് പരസ്പരം അടികൂടരുത് എല്ലാവരും നല്ല കുട്ടികളായിരിക്കണം എപ്പോഴും സത്യം പറയണം ഒരിക്കലും കള്ളം പറയരുത് ലിസൺ ആൻഡ് റിപ്പീറ്റ് നിങ്ങൾ എന്തിനത്ര ബഹളം ഉണ്ടാക്കുന്നു നിങ്ങൾ എന്തിനെത്ര ബഹളം ഉണ്ടാക്കുന്നു ഇത് മീൻ ചന്തയാണോ ഇത് മീൻ ചന്തയാണോ എന്താടോ ആർക്കും നാക്കുമൂക്കമൊന്നുമില്ലേ എന്താടോ ആർക്ക് നാക്കുമൂക്കുമൊന്നുമില്ലേ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വായെന്ന് തുറക്കട വായെന്ന് തുറക്കടോ നിങ്ങൾ ഊമകളൊന്നും അല്ലല്ലോ നിങ്ങൾ ഊമകളൊന്നും അല്ലല്ലോ സിക്കന്തുടോ കാര്യം പറ വിക്കന്റ് കാര്യം പറ ഒന്നളില്ല സാർ ഒന്നളില്ല സർ ഒന്നുമില്ലേ ഇപ്പോൾ ആരും ബഹളം ഉണ്ടാക്കുന്നില്ലേ ഒന്നുമില്ലേ ഇപ്പോൾ ആരും ബഹളം ഉണ്ടാക്കുന്നില്ലേ ഞാൻ പൊട്ടനോ ചകിടുന്നോ മറ്റോ ആണോ ഞാൻ പൊട്ടനോ ചകിടുന്നോ മറ്റോ ആണോ ഇതുവരെ ഇവിടെ വലിയ ബഹളമായിരുന്നല്ലോ ഇതുവരെ ഇവിടെ വലിയ ബഹളമായിരുന്നല്ലോ എന്താ രാജാ കാര്യം പറയൂ എന്താ രാജാ കാര്യം പറയൂ സാർ ഈ മൂന്ത ഞങ്ങളെല്ലാം അടിക്കുന്നു ൻ ഞങ്ങളെല്ലാം അടിക്കുന്നു അവൻ എല്ലാരും ചീത്തയും പറയുന്നുണ്ട് അവൻ എല്ലാരെയും ചീത്തയും പറയുന്നുണ്ട് മുകുന്ദൻ അങ്ങനെ ചെയ്യുന്നു ൻ അങ്ങനെ ചെയ്യുന്നു എവിടെ എവിടെയാവൻ അത്ര വലിയ അടിക്കാരനെ ഞാനൊന്ന് കാണട്ടെ അത്ര വലിയ അടിക്കാരനെ ഞാനൊന്ന് കാണട്ടെ അതാ സാർ ആ മൂലയിലിരിക്കുന്നു അതാ സാർ ആ മൂലയിലിരിക്കുന്നു പുറകിലത്തെ ബെഞ്ചിൽ പുറകിലത്തെ ബെഞ്ചിൽ എടാ മുകുന്താ എണിക്ക് എടാ മുകുന്താ എനിക്ക് അല്ല നീ കരയുന്നു അല്ല നീ കരയുന്നു കരയണ്ട കാര്യം പറ കരയേണ്ട കാര്യം പറ എല്ലാവർക്കും നിന്റെ മേലാണല്ലോ കണ്ണം എല്ലാവർക്കും നിന്റെ മേലാണല്ലോ കണ്ണം സാർ സാർ സാർ സാർ ഇവരെല്ലാം എന്നെ മുയൽ ചെവിയ കോന്ത്രൻപല്ല ഇവരെല്ലാം എന്നെ മുയൽ ചെവിയ കോന്ത്രൻപല്ല എന്നു വിളിക്കുന്നു ക്ലാസിലും വഴിയിലും കളിസ്ഥലത്തും വെച്ച് ക്ലാസിലും വഴിയിലും കളിസ്ഥലത്തും വെച്ച് ഇവർ എന്നെ ആക്ഷേപിക്കുന്നു ഇവർ എന്നെ ആക്ഷേപിക്കുന്നു എന്നെ ആരും കളിയിൽ ചേർക്കുന്നില്ല എന്നെ ആരും കളിയിൽ ചേർക്കുന്നില്ല സാർ അവൻ ആർക്കും ശരി ശരി കുട്ടികളെ നിങ്ങളെല്ലാം വലിയ സുന്ദരന്മാരാണ് ശരി ശരി കുട്ടികളെ നിങ്ങളെല്ലാം വലിയ സുന്ദരന്മാരാണ് മുകുന്ദനെ കളിയാക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം മുകുന്ദനെ കളിയാക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്താ വാസു എന്താ വാസു എന്തിനെങ്ങനെ പല്ലിടിക്കുന്നു എന്തിനങ്ങനെ പല്ലളിക്കുന്നു സത്യം പറ സത്യം പറ ആരാണിതിന്റെയൊക്കെ പിന്നിൽ ആരാണിതിന്റെയൊക്കെ പിന്നിൽ എല്ലാവരുമുണ്ട് സാർ എല്ലാരും ഉണ്ട് സാർ ഇല്ല സാർ സാർ ഇല്ല സാർ നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവൻ എന്തിനു നിങ്ങളെ അടിക്കണം അല്ലെങ്കിൽ അവൻ എന്തിനു നിങ്ങളെ അടിക്കണം എനിക്കിനി ഒന്നും കേൾക്കണ്ട എനിക്ക് നീ ഒന്നും കേൾക്കണ്ട ഇന്നത്തേക്ക് ഞാൻ നിങ്ങൾക്കെല്ലാം മാപ്പ് തരുന്നു ഇന്നത്തേക്ക് ഞാൻ നിങ്ങൾക്കെല്ലാം മാപ്പ് തരുന്നു ആരെയും ശിക്ഷിക്കുന്നില്ല ആരെയും ശിക്ഷിക്കുന്നില്ല പക്ഷേ ഇനി മുതൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണം പക്ഷേ ഇനി മുതൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണം ആരും ആരെയും ആക്ഷേപിക്കരുത് ആരും ആരെയും ആക്ഷേപിക്കരുത് പരസ്പരം അടികൂടരുത് പരസ്പരം അടികൂടരുത് എല്ലാവരും നല്ല കുട്ടികളായിരിക്കണം എല്ലാവരും നല്ല കുട്ടികളായിരിക്കണം എപ്പോഴും സത്യം പറയണം എപ്പോഴും സത്യം പറയണം ഒരിക്കലും കള്ളം പറയരുത് ഒരിക്കലും കള്ളം പറയരുത് ഡ്രൂസ് റപ്പിറ്റീഷൻ ഡ്രിൽ കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നു കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നു അധ്യാപകൻ കുട്ടികളെ വഴക്കു പറയുന്നു അധ്യാപകൻ കുട്ടികളെ വഴക്കു പറയുന്നു മുകുന്ദൻ എല്ലാരെയും അടിക്കുന്നു മുകുന്ദൻ എല്ലാരെയും അടിക്കുന്നു രവി വാതിൽ തുറക്കുന്നു രവി വാതിൽ തുറക്കുന്നു ജോലിസ്ഥലത്ത് വെച്ച് അദ്ദേഹം രാമനെ ആക്ഷേപിക്കുന്നു ജോലിസ്ഥലത്തു വെച്ച് അദ്ദേഹം രാമനെ ആക്ഷേപിക്കുന്നു ആരും ബഹളം ഉണ്ടാക്കുന്നില്ല ആരും ബഹളം ഉണ്ടാക്കുന്നില്ല ആരെയും ആക്ഷേപിക്കരുത് ആരെയും ആക്ഷേപിക്കരുത് ആർക്കും പന്തു കൊടുക്കുന്നില്ല ർക്കും പന്ത് കൊടുക്കുന്നില്ല എന്നെ മുയൽ ചെവിയ എന്ന് വിളിക്കുന്നു എന്നെ മുയൽ ചെവിയ എന്ന് വിളിക്കുന്നു അയാളേ സാർ എന്ന് വിളിക്കുന്നു അയാളെ അമ്മ കുട്ടിയെ മോനെ എന്ന് വിളിക്കുന്നു അമ്മ കുട്ടിയെ മോനെ എന്ന് വിളിക്കുന്നു എക്സ്പാൻഷൻ ഡ്രിൽ മോഡൽ ശാരദ തുറക്കുന്നു വാതിൽ ശാരുന്നുാരദ മുൻപിലത്തെ വാതിൽ തുറക്കുന്നു വീട്ടിന്റെ ശാരദ വീട്ടിന്റെ മുൻപിലത്തെ വാതിൽ തുറക്കുന്നു അവളുടെ ശാരദ അവളുടെ വീട്ടിൻറെ മുൻപിലത്തെ വാതിൽ തുറക്കുന്നു നൗ ഫോളോ ദോഡൽ മധു ശല്യപ്പെടുത്തുന്നു എപ്പോഴും മധു എപ്പോഴും ശല്യപ്പെടുത്തുന്നു മധു എപ്പോഴും ചേട്ടനെ ശല്യപ്പെടുത്തുന്നു എന്റെ എന്റെ ചേട്ടനെ ശല്യപ്പെടുത്തുന്നു മധു എപ്പോഴും വെറുതെ എന്റെ ചേട്ടനെ ശല്യപ്പെടുത്തുന്നു വലിയ കുട്ടികൾ ആക്ഷേപിക്കുന്നു അദ്ദേഹത്തിനെ വലിയ കുട്ടികൾ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നു വലിയ കുട്ടികൾ മൈതാനത്തിൽ വെച്ച് അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നു കൂളിലെ വലിയ കുട്ടികൾ സ്കൂളിലെ മൈതാനത്തിൽ വച്ച് അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ കുമാരൻ വാതിൽ തുറക്കുന്നില്ല ഗന്നൽ കുമാരൻ ജനൽ തുറക്കുന്നില്ല വീട് കുമാരൻ വീട് തുറക്കുന്നില്ല കൂൾ കുമാരൻ സ്കൂൾ തുറക്കുന്നില്ല ഗേറ്റ് കുമാരൻ ഗേറ്റ് തുറക്കുന്നില്ല മാധവൻ നായർ മകളെ മോഹനന് കൊടുക്കുന്നു അങ്ങേറ്റേ മാധവൻ നായർ അനിയത്തെ മോഹനന് കൊടുക്കുന്നു മാധവൻ നായർ വനജയെ മോഹനന് കൊടുക്കുന്നു പങ്കജത്തിന് മാധവൻ നായർ പങ്കജത്തിന് മോഹനന് കൊടുക്കുന്നു അവൻ എല്ലാരെയും വഴക്കു പറയുന്നു അടിക്കുന്നു അവൻ എല്ലാരെയും അടിക്കുന്നു ശല്യപ്പെടുത്തുന്നു അവൻ എല്ലാരെയും ശല്യപ്പെടുത്തുന്നു വിളിക്കുന്നു അവൻ എല്ലാരെയും വിളിക്കുന്നു ആക്ഷേപിക്കുന്നു അവൻ എല്ലാരെയും ആക്ഷേപിക്കുന്നു ആ കുട്ടിയുടെ കണ്ണ് വലുതാണ് െവി ആ കുട്ടിയുടെ ചെവി വലുതാണ് വായ് ആ കുട്ടിയുടെ വായ് വലുതാണ് മൂക്ക് ആ കുട്ടിയുടെലുതാണ് ആ കുട്ടിയുടെ നാക്കു വലുതാണ് അയാൾ പൊട്ടനല്ല അയാൾ ചകുടനല്ല വിക്കൻ അയാൾ വിക്കനല്ല അണിക്കാരൻ അയാൾ അടിക്കാരൻ അല്ല മുയൽ ചെവിയൻ അയാൾ മുയൽ ചെവിയൻ അല്ല കോൻ പല്ലൻ അയാൾ കോന്ത്രൻ പല്ലൻ അല്ല േഷൻ ഡ്രിൽ മോഡൽ കുട്ടികൾക്ക് പഠിക്കണം അവർ സ്കൂളിൽ വരുന്നു കുട്ടികൾ പഠിക്കാൻ സ്കൂളിൽ വരുന്നു നൗ ഫോളോ ദോഡൽ കുട്ടികൾക്കു കളിക്കണം അവർ മൈതാനത്തിൽ പോകുന്നു കുട്ടികൾ കളിക്കാൻ മൈതാനത്തിൽ പോകുന്നു കുട്ടികൾക്ക് പരസ്പരം അടി കൂടണം അവർ വഴിയിലോട്ട് പോകുന്നു കുട്ടികൾ പരസ്പരം അടി കൂടാൻ വയലോട്ടു പോകുന്നു പാവങ്ങൾക്കു ജീവിക്കണം അവർ ജോലി ചെയ്യുന്നു പാവങ്ങൾ ജീവിക്കാൻ ജോലി ചെയ്യുന്നു ഡ്രിൽ മോഡൽ ഗ്ലാസ്സിൽ ആരു ബഹളം ഉണ്ടാക്കുന്നു നിങ്ങളാണോ അല്ല സാർ ഞങ്ങളല്ല ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു നൗ ഫോളോ ദ മോഡൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് മോഹനൻ ആര് വിഴക്ക് പറയുന്നു നിന്നെയാണോ അദ്ദേഹം കാ പുസ്തകം കൊടുക്കുന്നു മധുവിനാണോ